സംസാരില്ല മോളുടെ വരി പൊണ്ണുറ്റാർ മോളുടെ വരി നോക്കിപ്പോ മുകളിൽ നിന്ന് രണ്ടാമത്തെ വരില്ല അപ്പൊ അക്ക ജേതാക്കൾക്ക് അത് ആവശ്യമില്ല ശരിക്കുമല്ല കുവാൻ കേൾക്കുന്നതിനാ അവനൊന്നും ഈ പാട്ടം നിറത്തിൽ നിൽക്കില്ല ഞാൻ പറഞ്ഞു അതെബി കേണിത് പാട്ടിനെ കാണാം നല്ല ചിലവിലേയും ചെയ്തു ഇരായി കലാമായും ചെയ്തു മായാനികളാണ് ഇതിനെക്കാളും കൂടുതലും ഉണ്ട് ഭർത്താക്കൾക്കുള്ള ഒക്സ കൊടുത്താണെന്ന് നീ പറയുന്നു സമാരേക്ക് ആവശ്യമാകുന്നതല്ല ആരല്ലാതെ അപ്പൊ എങ്ങനത്താണ് കൈനീട്ടം കുറഞ്ഞ ആള് പറഞ്ഞാൽ എന്തായി അ യോഗ്യത കുറഞ്ഞ ആള് ഒരു സാധനത്തിന് നീണ്ട കൈയ്യണ്ട് എന്ന് പറഞ്ഞാൽ എന്തായി അയാൾക്കതിന് നല്ല പ്രാക്ടീസ് ഉണ്ടാകും കൈനീട്ടം കുറവാന്ന് പറഞ്ഞ കസീ കൊൽത്തു മങ്ക ആവശ്യമാവൂല മാത്രമല്ല സമയകൊണ്ട് പുതിയൊരു നേട്ടം യാസ് ആവലുമില്ല ആൽ ആയ ആളുകൾക്കല്ലാതെ സുഹൂദിനും കമ്മിയായി കഴിഞ്ഞാലോ ಇದೊಂದು ihtiyaju illa idundai na cheri pratheebha vanfath illa nadu avashya qur'an kond ellarku undayi etthra vela varthapokka rasul sallallahu alaihi wasallam thangal polum kalpikan vendilla vaarala vakkale kekkan evan ashokunna illa aduma rasulgal nodikurthadum thangal karinjadum avo etthra veliya alarku undu undavo qur'an kond magidundu wa'mal qawiyul mutamakkin മക്കൂനായ കൊവുട്ടിലാണ് പൊലായഹത്താജുരൈ അതിലേക്ക് ആവശ്യമേ ഇല്ല ആന സുലമി റബിയല്ലാഹെന്ന് പറഞ്ഞു വക്കീല എഹത്താജോ ഇലക്സമായി മൽക്കാല ലാൽ ലായ ആളുകൾ സമാനേക്ക് ആവശ്യമായി വരും കമ്പ്യു പലായഹത്താജുരാതാ എന്ന് സുലമി പറഞ്ഞിട്ടുണ്ട് അത് ശരിക്കും അത് ആവർത്തനമാണത് പിന്നെന്തായി ഷാരിഹ് പറഞ്ഞതിന് അതിനേക്കാളും വലിയ ആള് പറഞ്ഞതുകൊണ്ട് ഇപ്പുറം പിന്തുണ പ്രഖ്യാപിച്ചു എന്നേ വരുന്നുള്ളൂ ഷാരിഹ് ഞാൻ സ്വന്തം പറയുന്ന ആളാ എന്താ മക്കാൽ ഹസ്ലി പറയുന്നു ഇളക്കിപ്പുറപ്പെടിക്കുന്ന ഒരു മുസ്ഇജിലേക്ക് ആവശ്യമാകുന്ന ഒരുത്തന്റെ ഹാല് എത്ര താണതാകുന്നു ഏതാ മുസ് ഉണ്ടാക്കണോ അല്ല ഹാലിന ഇങ്ങനെ കത്തിച്ചിട്ട് കാശ് കയറ്റി കൊടുക്കണല്ല കാട്ടടിക്കണല്ല കാറ്റടിച്ച് കേട്ടിട്ടില്ല ചാവി കൊടുക്കരുത് അപ്പൊ ഈ ചാവി കൊടുത്താൽ കിടക്കുന്ന വാച്ചയിൽ പോയി പയ കത്തില്ല വാച്ച കുടിക്കാൻ ഇങ്ങനെ ടേബിളും വെച്ചിട്ട് കയറി ചാവി കൊടുത്താൽ കാട്ടി കളിക്കാനാണ് കളക്കരുത് അതെന്തൊരാവശ്യമാണ് അത് കാണാ ഹാലാ പറയുന്നത് ഈ ചാവി കൊടുത്ത് പരിപാടി തിരിച്ചുമ്പോൾ നടക്കുന്ന വാച്ച് ഉണ്ട് തിരിച്ചാൽ നടക്കുന്ന വാച്ച് ഉണ്ട് തിരിക്കാതെ നടക്കുന്ന വാച്ച് ഉണ്ട് തിരിച്ചാലും നടക്കാത്ത വാച്ച് ഉണ്ട് തിരിച്ചാലും നടക്കാത്ത വാച്ച് ഏതാണ് എപ്പോ ഭരണില്ലെ മനസ്സിലായി തിരിച്ചുമ്പോൾ നടക്കുന്നുണ്ടാവും സൂചി അടക്കം ഇങ്ങനെ വാർന്നതാണ് ഇല്ലെങ്കിൽ ഇല്ല തിരിച്ചാൽ നടക്കുന്ന വാച്ച് ഏതാണ് ഓഫീസ് അടവെച്ച ഇരുപത്തിനാല് മണിക്കൂറിന് മുമ്പ് മറ്റേ തിരിക്കുമ്പോൾ ഈ തിരിച്ചാൽ തിരിക്കാണ്ട് നടക്കുന്ന വാച്ചേറ്റന്ന് ഇപ്പൊ ലോട്ട കിട്ടിക്കും ഇത് പറയുന്നത് തിരിച്ചാൽ നടക്കുന്ന വാച്ചിന്റെ ഹാരി മഹാമോശം എന്ന് പറയും മഹാ അധവൻ ആരമൻ വൃത്തന്റെ ആര് എത്രത്തോളം താളതാന്ന് എനി താള് ഏഹത്താജി രാമസ് എങ്കിൽ എല്ലാത്തിനും ഓണെ ഇളക്കി വിടാൻ അളവണം സമയം കാട്ടാല് ആന ശരിയാവുള്ളൂ എന്ന് ഞാൻ സത്യം ചെയ്തു പോരട്ടെ മാ താത്യ്യത്തിൻ ഉമ്മാ കുത്തി മരിച്ചുപോയ ഉമ്മാക്കാളെന്തു പേര് സക്കിലാന്ന് പറയും തക്കിലാന്ന് താ കൊണ്ട് വയ്ക്കണം കുട്ടി മരിച്ചുപോയ ഉമ്മാക്കിലെന്ന് പറയും ഈ സക്കിലാക്കന്തിനൊക്കെ കരിപ്പിക്കുന്ന വേറെ ആൾ വരേണ്ടത് ആ കുഞ്ഞു വെച്ചാൽ തന്നെ ഉമ്മക്ക് അളിക്കൊണ്ടു വരും ഉമ്മാനെ കരിപ്പിക്കാൻ വേണ്ടി വേറെ ആരെങ്കിലും വരക്കണ്ട കുട്ടി മരിക്കാനുള്ള എന്താണ് വേറൊരാൾ വേണ്ട അപ്പൊ നാ ഇത് വേണ്ട എന്ന് പറഞ്ഞ പോലെ ഞാന് അപ്പോ വേറെ ആൾ കരയിപ്പിച്ചാലെ കുട്ടി വെച്ച് ഉമ്മയും കരയില്ലെങ്കിൽ പിന്നെ ഉമ്മാന്റെ ഹാലും കുട്ടിനോടൊരു കൃഷിയില്ല എന്നല്ലേ ഇരുന്ന് ഉമ്മാന കുട്ടി വെച്ചിപ്പോ ഉമ്മ കൊണ്ട് കരയണില്ലെങ്കിലും വേറെ ആൾ എന്ന് വച്ചാൽ കുട്ടിനോട് ഒരു കൃഷിയില്ലാന്ന് അതിന് അർത്ഥം വരില്ല ഇതേമാതിരി എന്തെങ്കിലും ഹാലും മതി ഉണ്ടാണെങ്കിൽ ഇവിടെ സമാനം ഉണ്ടാവാനേ നടക്കുകയുള്ളൂ എന്ന് വെക്കാണെങ്കിൽ അവന്റെ ഹാലും വ സഖില എന്ന് പറഞ്ഞതാ അല്ലി മാത്ത വലതുഹ അത് ചടങ്ങ് കൊടുത്തത് എനിക്ക് മാ തഹച്ചാ സഖില ഇല നാത്തിൻ എന്നായിരിക്കും ആര് പറഞ്ഞ ഹസ് പറഞ്ഞിട്ടുണ്ടായി ബിൽമുട്ടല്ല കാലിക്കുട്ടി പറഞ്ഞൂല ഈമാറത്തിൽ എന്നിട്ടോ വ സഖില ബിൽ മുട്ടല്ലത്തി നീ എൽ എന്ന് വ്യാഖ്യാനമായിരുന്നുവെങ്കിൽ പറയാൻ നന്നായിരുന്നു ോക്ക് അല്ലെങ്കിൽ ഹസി പറയുമ്പോൾ തന്നെ വ്യാഖ്യാനത്തോടുകൂടി പറയാ വനഹാന്തില ബിൽ മുത്തല്ല ആയി തറിയുമ്പോ ഉപമ പറയുന്ന അവസ്ഥ ചെറിയ പറയാൻ പാടില്ല ഉപമറ്റ് പറയു അപ്പൊ സക്കില സഖില എന്നുള്ള ശാരി വ്യാഖ്യാനം കൊടുക്കുന്നു ബിൽ മുത്തല്ല സത്തിനത്തി മാത്തവരസുഹ പുള്ളി എന്റെ താഴ് കൊണ്ട് വായിച്ചിട്ടുണ്ടാക്കണം മൂന്ന് ഉള്ളി മുതൽ ലത്ത് മൂന്ന് മുള്ളിയുള്ള സാഗുണ്ട് വായിച്ചാൽ കുത്തി മരിച്ച ഉമ്മാക്കാണ് പേരു പറയൽ എന്നതായ അപ്പൊ ഒരു പക്ഷെ തെരീമും കേട്ടൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഒരു സോകനില്ലേ ഞാൻ പറഞ്ഞാൽ മാത്രം ഓടേണ്ട ഇങ്ങോട്ടിച്ച് കൂടിക്കണ്ട വക്കീല ഹുവ ഈ സമയമെന്നുള്ളത് ഈ കൌമീൻ ഒരു കൗമീനെക്കാൾ ഈ ഭക്ഷണം പോലെ ഞാൻ കൂടാണ്ടിരിക്കൂല വലി കവമി ചില കവമിന് ശബ്ദമായി മരുന്ന് പോലെയാണ് അതാക്കും ആവശ്യത്തിന് വേണം വലിക്കവറി മൂന്നാമത്തെ ഒരു കൌമിന്റെ നിർവാഹത്തിൻ ഒരു ഭീഷണ വലിയ ഒരു ബെറുവ സുഖത്തിന് കൊസുക്കിവിടീട്ടുണ്ട് അപ്പോ നിർവഹത്തിന് ഇത്യാത്രങ്ങൾ വേണ്ട ചിലക്ക് ഭക്ഷണം ചിലക്ക് മരുന്ന് ചിലക്ക് നിർവാഹത്വം നിർവാഹത്തിന് ആകുമ്പോൾ വലിയ അത്യാവശ്യമില്ല ഇല്ലൊപ്പിക്കാം മരുന്ന് ആത്യാ കുയുമ്പോൾ വേണം അല്ലാത്ത അവസരത്തിൽ വേണ്ട ലാൽ പ്രതിപാദിച്ച് വേണം ഇതേമാതിരി മൂന്ന് വിഭാഗം ഉണ്ട് കാണുന്ന അവസ്ഥീന ആ മനു ഹുദം ഭഗവാൻ പറയുന്നത് അമ്മ അവസ്ഥ ഇറക്കിയ ആ കലാവിനെ പറ്റിയാ പറയുന്നു അതിന് മുമ്പെല്ലാം പറയുന്നത് കതിജാക്കും മോളസമ്മി റബിക്കും അല്ല അതിനുമുമ്പ് കുളാനെ പറ്റിയാ പറയുന്നു കദാക്കും മോളസമ്മി റബിക്കും ശിഫാവലി മാറ്റി സുതോണി ബഹുദം വള എന്നാടാൻ പറഞ്ഞു ஹуда ஷிஃபா. இந்த குர்ஆன் அப்படி கொண்டுவல்லாதவர்கள் ஆமனோ ஹுதம் வஷிபா. குர்ஆனின ஹுدايهயைக்கும் ஷிஃபா திகுமால.コーデ கவ மின் ஹுدايه. மாரோ கவ மின் ஷிஃபா வ. அது கி ஷிஃபா. கல்பின்ட உள்ள மரன்கள் வெச்சு புலத்துறானால குர்ஆன் கொண்டு ஷிஃபா விட்டணும். மரந்தேஸ்தானத்தை ಬಹಳ சிலர்க்கு ஆ ரோகங்களுமில்ல. வோர்க்க நேர்கத நேரே பொடிச்சன் வந்து போய்க்கொண்டுர்றது ஹுدايهයි. ആ കോളി കൂടി ഉണ്ട് makalah fi mawdhi' anna khara tisd wa ramat um bil farm wastu ila ba'd ash-shaykhi 'an shurbil qulubi min as-sama'i washrbil rawahi wal nufus sama'il qudi aranna kudikirunde nafsu kudikirunde kalbu kudikirunde roohu kudikirunde moonu marthabayallo onnu nafsinna martaba mattonnu kalbinna martaba boinna martaba adiyilede nafsinna martaba രണ്ട് കൽബിന്റെ വർത്തവ മൂന്ന് ഓഹിന്റെ വർത്തവ ഈ മൂന്ന് മൂന്ന് മൂന്ന് തരത്തിലാണ് കുടിച്ചെന്ന് കൊണ്ട് പറഞ്ഞിട്ടുണ്ട് പിടിച്ചെന്ന് അതിൽ നിന്ന് പിടിച്ചെടുത്തിട്ട് മുക്കോണ്ട് നാശയം സക്കാല അപ്പോൾ മുപ്പം കൽബിന്റെ ചൊർബിൽ അത് സൂക്ഷിക്കും ആ കൽബ് പിടിച്ചെടുക്കുന്ന ഹിക്കുമത്തുകളാണ് അറുബിക്കലോ അന്ന് നഗമോ സൊറുബൻ നഫൂസോടിക്കലോ നിറമെ ആരോ ആ പാട്ടിന്റെ മൃദുനും ഇതൊക്കെ ഉണ്ടാവുമല്ലോ അതിലേക്കാം നഫൂസിന്റെ സുഗം ഭാഗം ആന അബ്രഹാമിനോ ഈ പാട്ടിൽ അർത്ഥം വരുമ്പോ ഈ നഫ്സിന് അനുയോജ്യമായ എന്താണോ ഇപ്പോൾ പ്രേമ കാമുക ഒരാൾ ഒരു തമ്മിലുള്ള പാട്ടാണ് കേട്ടത് നോക്കാം നഫ്സു കുടിച്ചെടുക്കുക നേർക്ക് നേരെ ഒരു ഒരു കാമുകി اور عمر اللہ ان لوگوں پکڑن گے ذکیہ کی طرح کی وانا تمہیں نکلا اللہ یہ کہ لاۃ الجمال <سؤال> جمال و غرامه ا دی وسطرتل اقامغن گامگیا لیلہ مزر ان ذلی جن داگم متنکن راشکم عاشق کرتے عاشق عارف جانو عاشق اللہ یا سب متوچت تو نے لے کوڑ پون لے بوک پڑندو الہل صورت لے کو نکوں مطلب ورن والی مطلب ورن الہل صورت ایک اللہ ادنی گتنے ا قال اللعنة اللعنة اللعنة نرم المثل القريط عادر ثم أشار إلى علامة اللعف اللعف من علامة لأنه كان نورين فقال وَالزعقات فيه والتمزيق لعف وَهَذُّ الرَّئِثِ وَالتَصُفِيقُونَ <تصفيق> زعقات التمزيق عزّ الرئيث تصحيق معالا من غفار نورين മതി ചിഖാത്ത് മുറങ്ങിട്ടല്ലോ മുദിരി കഥകളത്ത് ബുധുരിണ്ടല്ലോ പിന്നെ കുപ്പായ പുറത്ത് കരുതി പിന്നെ ഹസ്ദൂർ തലവുളിക്കരി തസ്തി കൈമുട്ടരി ഈ നാല് കാര്യങ്ങളും അലാമത്താവുന്ന മാനങ്ങാണ്ടെങ്കിൽ عليهم أن يتفاهم mere. هل تسارب؟ تحتي跟你مhave ؟ أن تحتي au fatto. تحديد ما يفعله المثال، من أن يعرف أنه على قراد ما ، آه like ؟ تتطور من tallار تمزيز لنا تخريق الثياب حذر ريس من التعريق تتفيق من الناره بالكفجيون المتلئ إذاً لا ضعطاهم يعني, يعني, يعني أن السراخ في السماء إرذاقات تمزيق الثياب موانا حذر تحريق الرئيس تتفيق من جديد لا من لاعباء ضعطا أنا ضعطي موانا لاعباء على وكالين فرافرنا كعالين من أرطاهم أجلنا ضعفا لنا إنما يصر من لايف الحالي، لايف الحالي من سند وكل لنه أمضى وغيبه الذي من مغلوب للأحوال، أحوال للمغلوبانه، أحوال يالك برشرك كلمة، أما أحوال للمغلوبانه، لا إله إلا الله ورنان درمال الله، أحوال للمغلوبانه، فراهن درميه أمغل الله، മായവാളിന്റെ അടിമയാകാൻ പാടില്ല കള്ളത്തിന്റെ അടിമയാകാൻ പാടില്ല ചേച്ചാൻ അടിമയാകാൻ പാടില്ല പണത്തിന്റെ അകം പാടില്ല സൂറിന്റെ അകം പാടില്ല ഹൃദയന്റെ അകാൻ പാടില്ല ഈ ഭൂമിക്ക് രക്ഷപ്പെടലാണല്ലോ ഇത് നിസ്റ്റാമത്ത് എന്ന് പറഞ്ഞ സാധനം പറഞ്ഞാ കാമെന്നാണ് കാമ ഇസ്താമ കാമെന്നു പറഞ്ഞ അർത്ഥം നിന്നു നിന്നു <sausuri <sausuri> <sausuri ൂ പ്രബോധിയൊക്കാമെന്ന് നിൽക്കണം ആ രൂതിയത്തില് അന്നാവിന്റെ ഇരാളന്നാവ് മാത്രമാണ് അന്നാലും മാത്രമാണ് ഞാൻ വാക്കിൽ കൂടി സമ്മതിച്ചത് എന്റെ ഇരാൾ അന്നാവു അന്നാവിന്റെ മാത്രം അബിതാനം ഞാൻ അപ്പൊ അന്നാവല്ലാത്ത ഒന്നിന്റെ അബിതാകാൻ പാടില്ല പ്രബോധിയത്തിൽ ഇല്ല കാണിച്ചു അപ്പോ പ്രത്യക്ഷമായിട്ട് ബിംബങ്ങളെല്ലാം ഒഴിവാക്കി ഒന്നും വിളിയില അല്ല എന്നുള്ളവർ തല്ലി എന്നാലും നമ്മൾ ചിലതിന്റെ ഭൂതി കൊടുക്കുന്നുണ്ട് ചിലപ്പോൾ വള്ളത്തിന്റെ ബോധ്യത്തിൽ അപ്പോൾ ഏതൊരു കാര്യമാണെങ്കിൽ മനസ്സിനെ പിടിച്ചെടുക്കുന്നത് ആ പിടിച്ചെടുക്കുന്ന അവസരത്തിൽ അതിന് വശംബരാവാതെ ദീനന്റെ അക്കാമിൽ തന്നെ അവിടെ തന്നെ കാനൂൺ വിട്ട് തെറ്റാതിരിക്കണെന്നാണ് ശരിക്കും അല്ലാണ്ട് ഏറ്റുക്രമത്തിൽ ശരിക്കും ഉള്ള ആഗണ്ടാകുന്നത് അപ്പോഴാ തന്നെ കളവ് വന്നു കളവ് വന്ന കളമ്പ് ഇവരി ഹാലാണ് ഈ ഹാലി വാലി പാട്ട് റണബിന്റെ മകളുമായി റബബ് എന്താ നയിക്കുന്നതുപോലെ വീടിന്റെ മുക്കളൊക്കെ എതിരായിക്കൊണ്ട് പ്രവർത്തിക്കുമ്പോൾ എന്ത് വന്നു റബബിന്റെ അടിമയെ ഒരു നിമിഷ നേരത്തേക്ക് വിശാലമായ മുക്കളയിൽപ്പെട്ട ഒരു മുക്കള് പോയി കുറച്ചുകൂടെ പണം വന്നു പണം പണം കൊണ്ടുള്ള കൊച്ചിയും കൊച്ചെടുക്കലും ആ വലിയ ആളാകലും വന്നപ്പോൾ പണമാകുന്ന ആ വിന എന്ന ഹാരി കുടികൂടിയപ്പോൾ മഹ്ളൂ പറഞ്ഞു അപ്പോൾ പറും പത്രവും എന്തൊക്കെയോ കൊണ്ട് വന്നപ്പോൾ വീണന്റെ അക്കൗണ്ടിറ്റി ദൂർത്തുപാടില്ലാതല്ലേ വർദ്ധിക്കുന്നു പാക്കത്ത് വന്നു പാക്കത്ത് വന്നപ്പോൾ എന്താ ഈ വീണന്റെ സഹുറില്ലാതെ കണ്ടുണ്ടല്ലോ വന്നിട്ടാണ് കുടിമാറി അപ്പോൾ പാക്കത്തിന്റെ അടിമയായി മാറി വള കീഴടക്കീന സുഹൃത്തുക്കളെ കൂട്ടത്തി കൂടിയപ്പോഴും അല്ലെ ദീനിയായി ചട്ടമുട്ടങ്ങൾ മാറിയിട്ട് സുഹൃത്തുക്കളെ പോലെ പായി സുഹൃത്തുക്കൾ ഇതിനടിമയാക്കി എന്നർത്ഥം സാഹചര്യം അടിമയാക്കി ഹാൻഡ് അടിമയാക്കി അപ്പ എല്ലാ സാധനങ്ങളും ഭൂരിണ്ടാക്കണം കേസിലാണ് ഒന്നും നമ്മളെ കീഴടക്കാൻ പാടില്ല ഇവിടെ ഹനുമാൻ തന്നെ മകളുപായിച്ചു പറഹുറോ മസറോ പിനയോ പട്ടറോ സാഹചര്യങ്ങളോ സുഹൃത്തുക്കളോ മറന്നോ തിഷക്കോ ഒന്നും നമ്മളെ കീഴടക്കാൻ പാടില്ല എന്ന് വരണം എന്നാലേ പൂർണമായ ആയിര ഇല്ലാവും അപ്പൊ ചെറുകിരന്ത് പറയാൻ ആയിര ഇല്ലെന്നു പറഞ്ഞാൽ മറ്റുള്ള ആളുകൾ മഹബൂതായി കണക്കാക്കുന്ന എല്ലാ മഹബൂതയും ഞാൻ ഒഴിവാക്കി നട്ടത്തിലേക്ക് പോയിരുന്നു അപ്പൊ ക്രിസ്ത്യാനികൾ ഈസലാവിനെയും മറൈനെയും എന്താക്കി ഇലാ ഹാക്കിയിട്ടുണ്ട് മറ്റോർ യേശുവിനെ ആക്കിയിട്ടുണ്ട് മറ്റോർ അയ്യപ്പനിയും മുത്തപ്പനിയും മറ്റേ ബദർ ഇങ്ങനെ എന്നിവ തീരത്തെ മാല ഇല യേസാന ഇലാ ഹാക്കിയിട്ടുണ്ട് അപ്പൊ മറ്റുള്ള മില്ലത്തുനല്ലന്റെ ഹനികാറും വീരന്റെ ഹനികാറും ഇരാ ഹാത്തിയ വസ്തുക്കാരൻ ഞാൻ തള്ളിക്കളഞ്ഞോ ആകെ ശരീരത്തിൽ ഇപ്പം വരുന്നുള്ളൂ അപ്പൊ ഹിന്ദു മുസ്ലിംമാരുടെ അവസരത്തിൽ അല്ല ഇല ഇല്ലാന്നാണ് എന്തായാലും ഞാൻ അയ്യപ്പനെയും വീരപ്പനെയും മറ്റവനെല്ലാം തള്ളിക്കളഞ്ഞിരിക്കുന്നു അമ്മയും തള്ളി അച്ഛനെയും തള്ളി ഏഹ് മുസർസർ രവിയല്ല അതാണ് ശരി ശരി ശരി മുസർസർ സർ എന്നത് കുറെ ശരിയാക്കപ്പെട്ടാണ് അതിനെല്ലാം ഞാൻ തള്ളിക്കളഞ്ഞിരിക്കുന്നു അതോടൊപ്പം ഞാൻ റബിന്റെ അബിതമല്ലാന്ന് അതിന്റെ സത്യവാക്യത്തിൽ വന്നിട്ടില്ല പണത്തിന്റെ അബുദമല്ല ഞാൻ വന്നിട്ടില്ല അതൊക്കെ പിന്നീട് കണ്ടതാണ് അപ്പൊ മനുപയും അപ്പൊ കറുബാനായവരാണ് കൗബ ചെയ്ത് എന്ന് പറഞ്ഞു ഇല്ല മേലാ ഞാൻ റോബിന്റെ അടിമയാവുന്നില്ല അതിന് ഇല്ലാത്ത പ്രശ്നം ഇല്ല പണം കൊണ്ട് പത്ര കാട്ടെന്ന് പണത്തിന്റെ അടിമയാവുക എന്നത് ഞാൻ പണം കണ്ടാൽ ിപ്പോ മഹക്കാമെല്ലാം മത്തിപ്പറഞ്ഞോളു ഭീഷണിന്റെ മുമ്പിൽ ഭീഷണി അടിമയായി അതിനെ ഞാൻ സ്വീകരിക്കില്ല അത് എന്ത് തോപ്പിലുണ്ട് അത് ഞാൻ മതി പറയൂലെ തീരത്ത് വരിച്ചാൽ ശരി അതിനൊന്നും അടിമയല്ലേ അതിന്റെ ജീവിതം കണയിൽ ലാൻ വിശാലമായ വായനയുണ്ട് പലരുന്ന വിബോധ്യത്തിന് ഓരോരുത്തർ എന്തിനാണോ ഉള്ളത് അതിൽ നിന്നെ കേസിലാണെ തട്ടിയുകയാണെങ്കിൽ ോട്ട് കുടിയേണ്ടിയിട്ടുണ്ട് അഹ്വാനെ കൺക്ോൺ ആക്കിട്ട് ഇവന്റെ കെമ്മിൽ ഒരുക്കി അപ്പൊ അങ്ങനെയുള്ള ആള് പെട്ട ഈ നാല് കാലം ഒന്നും ഉണ്ടാവില്ല അതെ ഉള്ളിലെ വർക്ക് ചെയ്യുന്നുണ്ടോ ജാമ്യ മുമ്പ് വന്നില്ല മണിക്കൂർ പോയി നടക്കുന്നുണ്ട് അത് അർത്ഥം കാണൂലെന്ന് മാത്രം അപ്പൊ സെക്കൻഡ് സോജി ബലഹീനമായി പോലെ നീ ഇങ്ങനെ പോയി മണിക്കൂർ സൂചി നല്ല ചൈറ്റിനെന്തും കൈഫിലൊക്കെ അളവ് കൂട്ടിയിട്ട് മൂപ്പുറം പൊതുക്കിയ നീങ്ങുള്ളൂ നീക്കം കാണൂല സെക്കൻഡ് സൂചി വളരെ ബലഹീനാണ് മണിക്കൂർ സൂചി നടക്കുന്ന നീങ്ങനെ കൊഴി എടുത്തിച്ച് നോക്കിയേട്ടെ കൊറേ നോക്കുമ്പോൾ കൊഴുലടക്കം തള്ളിയിട്ട് ഇങ്ങനെ വരുന്നുണ്ടാവും ഇടത്തൊന്നും കൂട്ടാക്കൂല സോജി ആകുമ്പോൾ ചെറിയൊരു കുറുമ്പോൾ നോക്കിയാൽ സെക്കൻഡ് സൂചി വർക്കിംഗ് അളന്ന് വാട്ട് സെൻട്രൽ ഡ്യൂസ് ഉണ്ടെങ്കിൽ വാച്ച് ഉള്ളിൽ നടക്കുന്നുണ്ടാവും സെക്കൻഡൽ സൂചി അർത്ഥം എടുക്കും സൂചി കൂടാണ്ട് വാച്ച് നടക്കും അതായത് സെൻട്രൽ ഡൂസ് തുടങ്ങി അതായത് സെക്കൻ സൂചിന്ന് അറിവിൽപ്പെട്ടതല്ല ഇഷ്ട ആ ഒരു ഹാരി ഹാലിനെ ഗുരിച്ചു വരുത്തൽ എല്ലാ ആരും ഉണ്ടാക്കിണ്ടായ മതി പുതിയ ഹാല് ഗുളിച്ചു വെക്കൊന്നും വേണ്ട അതൊരു അറിവില്ല നിർമ്മിച്ചുണ്ടാക്കുന്ന ആരുണ്ടല്ലോ അതുപോലെ വത്തകിരീശുൽ കിയാമി കിയാമിന്റെ വേണ്ടിയുള്ള തക്കലീഫ് നക്കല്ല് ആ ഇല്ലാമൻ ഹലബു ഹാലും ആ വിഷയത്തിൽ ഒരു ഹാരി കാലിമായാലല്ലാണ്ട് ഇല്ലെങ്കിൽ ഇന്ന് ഇരുന്നിട്ടാണെങ്കിൽ ഇരുന്നിട്ട് ഇങ്ങനെ ആ ആഴത്തിനൊന്നാകുന്നു ഇല്ല നീക്കിന്ന് നോക്കണ്ടാവുന്നു അപ്പൊ ആല് വാളിപായാലെന്താക്കും തനിയെ ഇനി ആരുണ്ടാവും എനിക്ക് ആരുമാകില്ല എന്തെങ്കിലാവും അത് ഒരു ഇത് ആല് വാളിപായപ്പോൾ എനിക്ക് ആരുണ്ടായി പോക്കുന്നുണ്ട് ഇത് എന്നിവ ആവുകയും അലാ തബീലി മുസാഹബത്തിൽ സാദിഖൻ സാദിഖായൊരു മനുഷ്യനെ കണ്ട ആരാധിയം നടന്നു ആ ഓറ മുസാഹബത്ത് ഓരിന്താകും കൂടി കൊടുക്കും ഓനെ നിൽക്കും ഞാൻ മണിക്കാനിക്കര എന്നിണ്ട് മുസാഹബ അദുവാവ അദരദിവം പറന്നു വരാണം തോനി കുഞ്ഞി തന്നിച്ചി നമ്മക്കണിക്കാനോ ആവശ്യമില്ല എന്നാലും മുസാഹബക്ക് കൊണ്ട് നീക്കും ആരെ അല്ലെങ്കിലോ ആ മുതാല പത്തിൽ കാത്തിന് അല്ലെങ്കിൽ വേറെ ആളെ കാത്തുനിന്ന് നന്നാക്കി കൊടുക്കാൻ വേണ്ടിട്ട് നമ്മൾ ഞാൻ മറ്റവർക്ക് ഒരു എന്തോ ഒരു മനസ്സിപ്രയാസം തോന്നണ്ട കാത്ത് നന്നായിക്കള അപ്പൊ ഇങ്ങനെ ഒരു നല്ല നീയറ്റ് ഒന്നിക്കുന്ന നാല് കാലിപ്പായിക്കൊണ്ടിട്ട് തനിയ സംഭവിക്കാൻ മറ്റൊന്ന് സാധിക്കാത്തിനോട് മുത്താലയെ നമ്മൾ കാലമാണെങ്കിലും സാധിക്കൊപ്പം കൂടിക്കോളീന്നല്ലേ അല്ലെങ്കിൽ കാത്തു അത് തന്നെ ഇങ്ങനെ മീൻമുളയില് തസാക്കൂറി സെക്കറി വെളിപ്പെടുത്താത്ത രീതിയിൽ മറ്റു വഴിക്ക് വെറുതെ ചക്കർ ഉണ്ടാകാം പക്ഷെ നമ്മളെന്താക്കണ്ട സക്കർ ഞമ്മൾ തസാക്കൂറാക്കണ്ടല്ലാളായി അഭിനയിക്കലുണ്ടല്ലോ തലക്കുകറി തയ്ക്കുവോ ഇത് ഒരു കുടയിലും കുടിക്കലോ അന്നും ആക്കണ്ട വലായൻ ഹാലിൻ ഹാലിന്റെ വെളിപ്പെടുത്തലും ഇല്ലാത്ത രീതിയിൽ മൂസാറ്റ മാത്രം അതിനെന്തോ രസഭൂഹി മറ്റേ നമ്മ തസന്മായും മാറും ആകും അമ്രത്തിരിയാണ് ഒന്ന് തഹഫു കൊണ്ട് തശബുണ്ട് തസൻ്റെ ഉണ്ട് ടഹൻറെ പൂണ്ട് രണ്ടെണ്ണം മഹമൂദാണ് രണ്ടെണ്ണം മതമൂമ്മാണ് തഹഫുക്ക് നല്ലത് തന്നെ തശബ് തഹഫു പിന്നാലെ ഇവരോട് തശബു ആക്കിയാലേ കാര്യം നേടുകയുള്ളൂ ഉദാഹരണം ഹിസാബത്ത് കൊണ്ട് തഹഫുകാരി മനുഷ്യൻ ഒരു കുട്ടിയെ പഠിപ്പിക്കുമ്പോ എന്താക്കാൻ ബ്രഹ്മൻ തശബു ആണ് ഓനിന്ന് ചെയ്യിപ്പിച്ച് ചെയ്യിപ്പിച്ച് ചെയ്യിപ്പിച്ചിട്ട് എന്താണോ ഓനിക്കും പ്രാപിച്ചില്ല കുട്ടാനിങ്ങൾ എല്ലാവരും തശഭൂഹ അത് തസന്നു വന്ന വേറാള ബോധിപ്പിക്കാൻ വേണ്ടി നടിക്കലി ആ മോശം ഇല്ലാത്തത് കെട്ടി ഉണ്ടാക്കിയിരുന്ന പാടുപെടാൻ സമയം ഊർജ്ജം ചിലവാക്കിയിട്ട് പാടുപെടൽ എന്ന ത കല്ലുപ്പു അതും വേണ്ട അപ്പ അവിടെ തന്നെ മറ്റന്നാളെ കബളിപ്പിക്കലുണ്ട് ഇവിടെ ആവശ്യമില്ലാത്ത സമയം ചെലവാക്കലും ഉണ്ട് രണ്ടും നമുക്ക് മൂന്ന് തർക്കു താഴ്ച അതൊരു വാഗ്രഹമാണ് നല്ലത് എന്ന് തോന്നുന്നു താങ്കൾ ചെലപ്പോ വളർന്നു പറയും അങ്ങനെ പാർ അജു ജാനിബിൽ മത്തി പള്ളിന്റെ ഭാഗത്തുനിന്ന് ആഘാതിക്കുന്ന ബോധങ്ങൾക്ക് പോകുന്നതെല്ലാം കൂടെ പുലർത്തി പോകും ള് ചോദിച്ചു മൺഹാഥൽ മുലമ്പിസ്വാദീന ദീനന് നമ്മക്ക് ദീനിനിവിടെ തൽബീസ് ഉണ്ടാക്കുന്ന ആളാരാന്ന് തോന്നിച്ചു അപ്പൊ ജനങ്ങളെ ചെറുതല്ല അങ്ങോട്ട് പോയിക്കേ ഞങ്ങൾ പള്ളിമൂലക്കുന്നൊച്ചയും പുള്ളിയോ ബുദ്ധം കെട്ടുകൾ ആ സദസ്സാകും അനുകൂലപ്പെട്ടല്ലോ നമ്മക്ക് ദീനന്റെ കാര്യം തൽബീസാക്കുന്ന ആൾ ആരാന്നു അവനെയും കാണട്ടേ ഇൻകാണെ സാധിക്കൻ അവൻ ഒരു പക്ഷേ എന്റെ വരാളെ ശക്തി ചെയ്തിട്ട് അത് വല്ലാണ്ട് പിടിച്ച് പോയി സാധിക്കുവാണെങ്കിൽ പത്തത് ഷഹറബന് എത്തി ഓണം എല്ലാവരുടെയും പ്രസിദ്ധമാക്കി കളഞ്ഞു അയാൾ അയാളെന്നെല്ലാം മറ്റുള്ള ആളെങ്കിലും പ്രസിദ്ധനാക്കി മറിച്ചില്ലേ ബാല എനിക്ക് നല്ലവണ്ണം സെറ്റ് ചെയ്തിട്ടുണ്ട് കളിക്കലായില്ലേ വൈകാൻ കാതിബൻ ഇനി കാതിബാണെങ്കിലും മഹക്കമുള്ള അള്ളാഹു എത്തിച്ചാട്ടി പോലെ കസന് മാറിയില്ലേ രണ്ടായാലും പോക്കാം കാതിൽ ഇങ്ങനെ സാധിക്കാൻ ഇങ്ങനെയുണ്ട് അതുകൊണ്ട് മേലെ വേണ്ട ആരാണ് നമ്മൾ ബുദ്ധിമുട്ടാക്കുന്നതാണ് കാണിക്കേണ്ടത് ൂക്കുള്ള മറ്റുള്ള ആളെ ചെറുതുമല്ല അറ്റിമറിഞ്ഞാൽ ആ ബാബ നീ അത്ര മറിയാ നല്ല ആകട്ടെ ഭൂമി പോയിക്കുന്നത് ഇവിടെ നമുക്ക് ചന്ദിക്കപ്പെട്ട ഇവിടെ അമീലിനു വൈപ്പിടലാണ് നീ ഹാരളെ ഹൈ നല്ല കാര്യത്തിൽ അമീന് വൈപ്പിടൽ എന്ന് പറഞ്ഞത് ചെറിയ അംഗീകരിക്കപ്പെടൽ തിരുമാമിന് വഴിപ്പെടണം ഒരു പട്ടാളത്തിൽ ജെയ്സിന്റെ കായലുണ്ടാവും വൈപ്പടണം ഒരു ഭരണാധിപരിൽ ഭരണാധിപര്യ വഹിപ്പെടണം എല്ലാത്തിനും കല്ലോ അങ്ങനെ അതിനിറാലും അലക്കും യോഗ്യത കണ്ടില്ല എന്നൊക്കെ ആക്കിയാ ചെന്നാലും തൽക്കാലം ആക്കിപ്പോയ അവസ്ഥ വയ്ക്കിടണം എന്നോ ഓരോ ഉമ്മിറാലിക്ക് അവിടെ ഹമിശീയതല്ലേ വിഭൂതിയെത്തുമ്പോൾ ഹമിശിയായി ഇപ്പൊ നെസിയോ ഇല്ല വിഭൂതി എത്തുമ്പോന്ന് പോയി അപ്പൊ അത്രയും യോഗ്യത കുറഞ്ഞു പോയി നീ അമ്മ ആക്കിപ്പോയ അവസ്ഥ വഹിപ്പിടണം ലഗുൽ മാലോട്ട പോട്ടാക്കൊന്നല്ലേ എന്ന് പറഞ്ഞില്ലേ? ഉമ്മ കാല അണ്ടോ ара വരിദുന്ന മുസ്ലിമി അന്ന ഷാബ്ബൻ കാന യഖ്ദിമുൽ ജുനൈദ ജുനൈദ് റബിയല്ലാഹുഹിഹി ഖിർമ തടുക്കുന്ന ഒരു ഷാബ് ഉണ്ടായിരുന്നു. വകുല്ലമ സമിയ ശൈന എൻദ ഗകമു സയക വതഗയറ വകോ ആതനായ ബോദന്നതു വഗ തഗയറ വതു കീറ അത്രമേ വല ഹീനാനമു ഉൻ ദേക്കേ വുണ്ട് അപ്പോഴേ തന്നെയാണ് എല്ലാം മാറി പകാല ജുനൈദ് റബിയെന്ന് പറഞ്ഞു ഈ നെഹ്റഫും ബാധകാല ഈ മേലെ ഇങ്ങനത്തെന്തെങ്കിലും വെളിപ്പെട്ടെങ്കിൽ പരാതിയുടെ വരാൻ പാടില്ല ഇങ്ങനത്തെ എന്തെങ്കിലും മേലാൽ വെളിപ്പെടുന്നുണ്ടെങ്കിൽ വരാൻ പാടില്ല ഇവിടെ കൂടാൻ പറ്റൂല അങ്ങനെന്താക്കി പകാലത്തെ അങ്ങോട്ട് അങ്ങോട്ട് മോപ്പ് രസം കണ്ട്രോൾ ആക്കാൻ തുടങ്ങി ഈ ഈ ഉപദേശം കേട്ടത് ഉറുബ്രമാക്കാൻ ഏക്കത്തോളം ശേരത്തിൽ മിന്ന തറ സ്ഥലത്തിൽ ചെറുപ്പം ഉണ്ടാക്കും കൺട്രോൾ ആക്കിയാക്കിട്ട് ഓരോ രോഗക്കും ഇത് ഓരോ തുള്ളില് വെള്ളം വേർത്തിട്ട് അത്രത്തുള്ള കൺട്രോൾ ആക്കിപ്പോയി ഹത്താക്കാൻ അങ്ങനെ കൺട്രോളാക്കുന്ന ആളില്ലേ ഹത്താക്കാൻ ഏമിനാമി ഒരു ദിവസം നോക്കുമ്പോഴാത്തത് വിഴലും ഹാജിന്നോഹം അറോണി ഈ ആ രണ്ടു തരത്തിലുണ്ട് അവർ ഈ പൂക്കൊട്ടാസംഗത് അവ രണ്ടു തരത്തിലുണ്ട് അഹതുമ ഒന്നിൽ തമജ്വറി വേദന പ്രകടിപ്പിക്കാൻ നമ്മൾ കഴിഞ്ഞ കളാ നഷ്ടങ്ങളും മറ്റേ പോകുന്നതിന്റെ മനസ്സിലൊരു വേദന എന്ന് മറ്റൊരു തലിനോയിൽ നിന്നാണ് അതായത് പൊതിയൊന്നിലേക്ക് എത്തിപ്പെടുന്നത് അതായത് നമുക്ക് ഇതുവരെ കിട്ടാത്ത ഒരു മാനൂമാത്തിലേക്ക് എത്തിപ്പെട്ടപ്പോൾ ഒരു കൊസി കാലാവസ്ഥ ഇങ്ങനെ ജൊയിഞ്ഞ് കൂടുന്നു ആ ശുഹാത്ത ഒരൊറ്റ തീരടി തീർന്നു നോക്കുന്നുണ്ട് അതാ ഹൃദയൻ അത് ഹൗഫ് ഹുസ് മുതലായ വരുമ്പോഴാണ് എനിക്കാൻ കുറെ ദോഷങ്ങൾ ചെയ്ത് ആ ദോഷങ്ങളെപ്പറ്റി ഓർമ്മ വന്ന് ഇപ്പൊ കൊഴുപ്പും ഇതിന്റെ കാലങ്ങൾ കുറെ വെറുതെ പോയിപ്പോഴല്ലോ ഇങ്ങനെ ദുഃഖം വരുമ്പോഴാണ് എന്താ കളി ഇതൊക്കെ ഒരു തവജുണ്ടായി അപ്പൊ ഏതുപോലെ കഴിഞ്ഞാലും വഹിയനേഹത്തിൽ മുസാദി മുസീബത്ത് ബാധിച്ചവരാണ് ചിലപ്പോൾ എന്താക്കും വേദന കൊണ്ട് സാധിക്കുന്നുണ്ടല്ലോ അതിനോട് തുല്യം പറഞ്ഞത് പക്ഷെ അയാൾക്കുള്ള മുസീബത്ത് വേറെ ഇയാൾക്കുള്ള മുസീബത്ത് വേറെ ഒരു ഉമ്മ കരഞ്ഞെങ്കിൽ അതിലുള്ളതായിരിക്കും മോൻ രോഗം വന്നിട്ട് പറഞ്ഞാൽ ഇയാ തന്റെ കഴിഞ്ഞ കാലം വെറുതെ പോയി പോയല്ലോ നഷ്ട കഴിഞ്ഞ കാലം നഷ്ടത്തിന് ഓർത്തിട്ട് ദോഷങ്ങൾ ഓർത്തിട്ട് കഴിഞ്ഞു വരിച്ചു അതിനു എഴുതി വരും മുത്തുലീനാണ് മുത്തല്ലീനാണുള്ളത് ആ ഇവിടെ മുത്ത അതിലീനാണ് അതിന് അത് തന്നെ തന്നെ كرا متاكلنا قال ان متقلين هو لولدي لل انا بره لل لا ايهنا في متقلع او علاقه دي بول يعني انتو ولا هذا قال انا ما بتديكي ابا من دهي وري وسبوت من اللي يريد انتوا والله الا متقلين എപ്പോൾ ഇല്ലാത്ത ഹത്തക്കൂതാലിക്ക അത് അവസരത്തിൽ ഇതിലായക്കൂന്ന് ഇല്ല എന്റെ ഒരു പുതായി ഉണ്ടാകുമ്പോഴേ ഇത് ഉണ്ടാവും ഇത് ഉണ്ടാവുള്ളൂ ഹലോ ഹാതൊരു ചിത്രം നമ്മളെ ഉണ്ടാവുള്ളു ഉള്ളത് കഷ്ടപ്പെട്ടപ്പോലിൽ ആത്മശിയിൽ ഒരു തുമ്പല സ്ഥാനം പോലെ ആ എതിരെ കഴിപ്പെട്ടി അപ്രകാരം ബുദ്ധിമുട്ട് ഇറങ്ങില്ല തുമ്പൽ ഇപ്പൊ നിയന്ത്രിക്കാൻ കഴിയുമല്ല ആ രീതിയിൽ വന്നേക്കുവോ ഉള്ള എന്തോ നഷ്ടപ്പെട്ടാലോ അല്ലെങ്കിൽ എല്ലാ ഒരു കാരണം എന്താണ് ഇനിത്തു ഇനി വെളുത്തിൽ പറയാത്ത കുറെ കാര്യമുണ്ട് ഇനി അല്ലെ മൈത്രികുണ്ടാണ് വേക്കത്ത് മുന്നേ തംജ് ഹസുർ റസ്റ്റീക്കണ്ടു വേക്കന്ന് വയ്പോന്നുണ്ടല്ലോ അമ്മ തമാനം എടുത്തോട്ടോ വലത്തോട്ടോ ആറുന്നുണ്ടല്ല ഇതെന്താണ് ഫല ഇതെല്ലാം അറന്നു വെക്കാൻ അത് വഴപ്പം മുന്നേ അറിയിക്കൂലെന്നാണ് അത് വയ്പല്ലാൻ പറ്റല്ല വകതുമായിട്ട് ശേഖന നമ്മുടെ വലിയ ശേഖർ ഞാൻ കണ്ടിട്ടുണ്ട് യെസ് അത് ഇന്ത് തമാന്റെ അവസരത്തിൽ അപ്രകാരം വെളുത്തോട്ടും എടുത്തോട്ടും ചായ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പൊ ജീവിതം കായിപ്പാണെന്ന് പറയാൻ പറ്റൂലോ അപ്പൊ വന്നിൻ ലബത്തുകൊണ്ടാണ് ഇതല്ലാണ്ട് പല എതിർന്നാലും ദോഷമില്ല അറിയിക്കൂലപ്പുറം അത് പോരാട്ടം കൂട്ടിത്തന്നു വക്കത് റവിയല്ലാൻ മക്കന എന്ന കിതാബിൽ പറയുന്നു അല്ല സഹാബത്ത് റവിയല്ലാഹുഅ ചില ചിലരെ ഇങ്ങനെ അടി ഉയർന്നു അപ്പൊ എന്താക്കും ഞാൻ ഇങ്ങോട്ട് ആണ്പോ നോക്കി മറ്റൊന്നും അത് ഹെയിലുണ്ടല്ലേ യൗമിർതി നല്ല കാറ്റടിക്കുന്ന സമയത്ത് കാറ്റ് മരങ്ങളാണല്ലേ അതുപോലെ അപ്പൊ അതിനു മനസ്സിലാക്കാൻ കാലളവുമില്ല കാടാട്ടല്ലാത്താ വേണ്ടത് ആഹു അല്ലെങ്കിൽ ഇമിനി ഓർമ്മ പറഞ്ഞത് ഈ അർത്ഥം പറഞ്ഞ ഒരു കലാമെന്ന് വെച്ചാൽ മൂപ്പർ സൂക്ഷ്മതന്നി പറയുന്ന സമാ എന്നുള്ളത് വിന്ദിച്ചൂടാനാകട്ടോ ചോദിക്കാനായിട്ടോ ഉണ്ടാക്കുന്ന ഒരു പരിപാടി എല്ലാം വന്നപ്പോഴൊരു സമ്മാന്റെ പരിപാടി ഉണ്ടാക്കാൻ എത്തിക്കഴിഞ്ഞു ഇതില്ല എന്ന് വെച്ചിട്ട് പിരിഞ്ഞുപോക്കോ അല്ലെങ്കിൽ ഇതിനായിട്ട് ഒരുമിച്ച് കൊടുലോ അങ്ങനത്തെ ഒരു പരിപാടി ഇല്ല അല്ല ലിജിത്തിമാന്റെ വേണ്ടിയുള്ള മക്സൂദ് അല്ല ഹൈസ മാത്ര കൂടി എളുപ്പമായി അത് നിർത്താന്ന് മാത്രം സമാന്റെ ആവശ്യത്തിന്റെ വേണ്ടി പ്രത്യേക ഒരു ഇല്ല ഇനി അങ്ങനെ വന്നി ഈ സദ എന്തില്ല സമ ഇല്ല വെച്ചാൽ എന്നാ പിന്നെ ഇല്ലെങ്കിൽ നമുക്ക് പോകാം അങ്ങനെ തിരിഞ്ഞുപോക്കൂല്ല അപ്പോ ഈ ശുദ്ധിമാരെ സമാന വേണ്ടി മാത്രം ഇല്ലല്ലേ എന്നാ പരിപാടിയില്ല നമുക്ക് മടങ്ങി പോകാം എന്നെ വളർന്ന പരിപാടി നോക്കിയാൽ പോരാ അപ്പൊ ഈ സമാനിച്ചുവേണ്ടി മാത്രല്ല ഇല്ലെന്ന് പറഞ്ഞിട്ട് മടങ്ങിപ്പോക്കൂല്ല തിരിഞ്ഞുപോക്കി അപ്പോൾ താല്പര്യം ആവുന്ന ഇപ്പോഴാണ് പിരിഞ്ഞുപോക്കി അവർ രജിത്തിന് വേണ്ടി മാത്രം മക്സൂദ് അല്ല അജിത്തിൽ മക്സൂദ് അപ്പൊ പലതുണ്ടാകാം ഒന്നില്ലെങ്കിൽ ഭാഗം ഉണ്ടാക്കോട്ടെ ബാധില്ല ദുഃഖം ഉണ്ടെങ്കിൽ എന്ന് പറയാം അല്ലെങ്കിൽ ഇതാ പോണ്ടാക്കോട്ടെ സമാ ഇല്ലാതെ കിഴിഞ്ഞ് നോക്കുന്നതിനാ ബിഹ ഇതാ സമ ഉണ്ടാവുകയാണെങ്കിൽ വിചിത്രമാവും യജുദ്മാ ഉണ്ടാകും എന്ന രീതിയില്ല യജുത്തിമാ ഉണ്ടാകുമ്പോൾ സമ ആവാം എന്ന് മാത്രം വൈദാപ ക്ഷ ഇല്ലാണ്ട് പോയാൽ ഇഷ്ടക്കോ നോക്കി പിരിഞ്ഞു പോകാം സമ ഇല്ലല്ലാം നമുക്ക് പോയി കളയാം എന്ന് നമുക്ക് പരിപാടിയില്ല അപ്പം പിന്നെന്താ കാനു ഇതാ ഇതത്തെ യുദ്ധിമാവും കാര്യമായ ഒരു കാര്യത്തിന് വേണ്ടി യുദ്ധമായി വന്നു ആഹു മഹദിലീമത്തിനോ സുറൂറിൻ അല്ലെങ്കിൽ കല്യാണത്തിനോ സുറൂറിനോ പങ്കെടുക്കണം എന്ന് ഇവരെ ക്ഷണിച്ചാൽ എന്നല്ല നമുക്ക് ഒരു ധമാൻ്റെ ആയിക്കറിയാം ഒരു അലക്കണ്ടായിക്കറിയാൻ നോക്കല ഇസ്താമിഅഅറിച്ചാൻ നോക്കാം അപ്പുമാനെ തുടർന്ന് ഇതുണ്ടാക്കാൻ എല്ലാം ഇതേ തുടർന്ന് ഇസ്തുമാറാസോ ലക്ഷ്യമല്ല അതെയാണ് നേരത്തെ എന്നെ പറഞ്ഞിട്ട് അക്കബിയാക്കൾക്ക് ആവശ്യമില്ലാത്ത പരിപാടിയാണ് മകനിയാവും ഇതിനെ തൊട്ട് ഹരി ആണെന്ന് അനാപത്തിന്റെ ഈ മാലിപ്പത്തിന്റെ അനാപത്തെ നോർക്ക് മതിയല്ലോ അതുകൊണ്ട് നോക്ക് നില ഉണ്ട് അപ്പൊ ആനല്ല നീമ കൊണ്ടൊരാക്കി ഇത് കിട്ടുകയാണെങ്കിൽ പിന്നെ ഒന്നിലേക്ക് നോക്കാൻ പോയി പറഞ്ഞു അവലബി ആ ഒരു സംഗതി കിട്ടിക്കഴിഞ്ഞില്ലേ പിന്നെ ഉറയിലേക്ക് പോകണം ചിലക്ക് ആവശ്യത്തിന് ഉണ്ടാവും ചിലപ്പോൾ രുചിയുള്ള കഴിക്കില്ല വേറെ ചിലക്ക് ബിരിയാണി നല്ല രുചികരമായ ഭക്ഷണം ചിലക്ക് പിടിക്കാത്തുണ്ടാവും ഏറ്റവും പറഞ്ഞില്ല ഭക്ഷണം പോലെയാണ് അപ്പൊ ചിലർക്ക് കുറാൻ ആട്ടാൽ അതിനെ കൊണ്ട് വലിയ മമ്പാസിന് കിട്ടാത്ത ആളുകൾ ഉണ്ടാകണം ഇങ്ങനെ കേൾക്കാൻ പറ്റണം ഊറാൻ കൂടി തകബോറ് ചെയ്ത് അതിൻ്റെ ആ രീതിയിൽ ആലോചിക്കുന്ന വേറെ പാട്ടുകളോ കറ പിന്നെ പറയുന്ന ലവളി ആലത്തുല്ലഹിവി ആലാത്തിൽ പാട്ടുമില്ല വീണ ചണ്ട കോല് മുത്ത് ഹാർമോണിയം ഇത്തരത്തിലുള്ള പരിപാടികളൊന്നും ഇല്ലം ഞക്കും തീമറാ സീനൂന وانا بنامير ومسنينعون اتمايل مراسنين الا ان نسمرجند فقومون चंद ओस बड़ा को मुटने और हालत लला मुस्लिम हीन इल्ला फिर वलायसाएलन कानसी पाउ पाउला और हालत लला मदा हीला बिंकार इल्ला फिर शमरी പിന്നെ കുറച്ച് പ്രത്യേക വിരിപ്പുകൾ തക്കാലില്ല ഇതൊന്നും ഉണ്ടാവൂല ഇതൊക്കെ ആവശ്യമായിട്ട് വരും പിന്നെ അല എത്രത്തോളം ഇല്ല അലഫമാ കാലത്തെയും ഒരാൾ സത്യം ചെയ്താൽ ആ സത്യത്തിൽ ജയിച്ചു എന്ന് പറയാമെന്ന് എവിടെങ്കിലും പാട്ടെ അത്രയും ഉണ്ടാവില്ല പാടേ പഠിക്കും എന്തെന്നൊരാൾ സത്യം ചെയ്താൽ സത്യം പാടിക്കാൻ എന്തെങ്കിലും ഒന്നും ഉണ്ടായാൽ മതിയല്ല തൈലത്തുൽക്കസം അത്ര പോലും ഒന്നും വരില്ല മറാത്തിനോലാണ് എല്ലാത്തിനും പറഞ്ഞത് എന്താ മറാത്തിനിൽ മീമി മീമെന്ന് പ്രത്യേകം വായിക്കണ മൂന്നല്ല മാൽ ഈ പാട്ട് പാടുന്ന ആളല്ലോ അയാൾക്ക് ജവാബ് ചെയ്യും അയാള് പാട്ട് നിർത്തിക്കഴിഞ്ഞാൽ പാട്ടില്ലാതെ നമ്മുടെ ഈ വീടുകൊണ്ട് മാത്രം എന്താക്കുക അതേ വർദ്ധരിപ്പിച്ച് കുറും മൂടം മാത്രം അക്ഷരം ഉണ്ടാവില്ല നവീൻ തൽ തന്നെ ഈ മൂടി മുടക്കം കൊണ്ട് മറുപടി പറയാ ആ നാളെ മ്യൂസിക്കിന്റെ നറമത്തുകൊണ്ടു നറമി മ്യൂസിക്ക് അപ്പോൾ ഇതാ പറകൽ കമ്പാറി മിനുശേരി പാട്ട് പാടുന്ന ആൾ തൽക്കാലം പാട്ട് അവർക്ക് റെസ്റ്റ് എടുക്കുമല്ലോ നിർത്തി അന്നേരം അതാ പോവരത് മറുപടി പറയും അതിനൊപ്പിച്ച് ജവാബ് പറയുന്നത് പാട്ട് കേൾക്കാതല്ലോ കലാമിൽ ലഘു വി ലഘുവായ കലാമാണത് ആ കലാമോട്ട് മറുപടി പറഞ്ഞ് മുളാസിനികളില്ല പാട്ട് പാട്ടിങ്ങനെ പാടുമ്പോ അതിർത്തി വീർത്തും മടക്കി വെച്ചിരുന്ന ഒപ്പിച്ച് മോളിച്ചും നായിച്ചിക്കല് കൊടുത്തിട്ട് അതേ കേൾക്കാം ഇന്ന പാട്ടാൻ പാടാൻ പോകുന്നതില്ല അതെ വൻ കേക്കാൻ രസമുള്ള ലഹമാകളെ കൊണ്ടും ജവാബ് അറിയില്ല എന്താ അത് കണിത മാഷക്കാരനെ ശൈലിപ്പെട്ടതാകുന്നു അപ്പൊ പത്തം ഭൂമിയും അവരോട് നമ്മളെ ശുഭഹാരം എന്താ ഉചിതത്വം അത് മഹാ മോശപ്പെട്ട സംഗതിയാകുന്നുണ്ട് സിനിമകാലം മാറുന്ന പരിപാടി നമുക്ക് വേണ്ടി ഇവിടെ എന്താ പതിനാ എന്റെ കൂച്ചിലെ തന്നെ കൂടെ പറയുന്നത് ഇവിടെ എന്താ പറഞ്ഞത് പാട്ടുകാലം പാട്ട് നിർത്തി ആ എന്നത് മ്യൂസിക് കൊണ്ടോ മൂളക്കൊണ്ടോ ഒന്നും ഇവിടെ എന്താ കാര്യം പറഞ്ഞെ കോളിലാണ്ടപ്പോഴും മൂളക്കാലം മ്യൂസിക് കൊണ്ടിട്ട് എവാന്താ അഭിമാരുടെ കലാമോന്നെ പറഞ്ഞു നമ്മള് ബേസ് നിർത്തുമ്പോ തലാത്തി ആന ജവലാത്തി അല്ലേ അത് ഇത് വന്ന ചില ഇത് കണ്ടിപ്പവും ഇത് പഠിത്താലേക്ക് ഇതാണ് ആദ്യം മാത്രത്തിൽ മറ്റൊരു പാട്ട് നിൽക്കുമ്പോ എന്തെങ്കിലും മ്യൂസിക്ക് ഇന്ന പാട്ട് ഒന്ന മനസ്സിലിണ്ട പാട്ട് തങ്ങൾ തീർന്നു നീക്കിയാണ് നീ ഇങ്ങനെ അലക്കരുത് അതന്നെ മറാസിനി അതേ അവസ്ഥ നമ്മൾ നല്ലവാദ ജവാബല്ല ആകെ വാക് ചോപ്പൊ നീ ഒരു നാടുകൂടി മൂണത് കൊണ്ടോ മ്യൂസിക്കിന്റെ ട്യൂണ് കൊണ്ടോ ജവാബ് അറിയുന്ന പരിപാടി നമ്മക്കില്ല അവിടെ തനാവാസിന്ന് മലയാളത്തെ ദിവസം ജവാബ് തന്നെ തെറ്റാൻ വരുമോ പിന്നെ വന തനാബീർ എന്ന് പറഞ്ഞിട്ട് തുമ്പൂറിന്റെ ജമ്മാണത് തുമ്പൂർ എന്ന് പറഞ്ഞ ഷബി ഹിമ്പിൽ ഊതി ചൂറത്തി കോരത്തിനൂതിന് കൊണ്ട് താദൃശ്യമുള്ള ഒരു സാധനമാണ് തുമ്പൂറ് അതിന്റെ അജീകൃതമില്ല അതൊക്കെ ഇവിടെ ഈ കായവേള പഠിപ്പിക്കുന്ന കാര്യം ഉണ്ടാവും അവിടെ പോയ പലതാണ് കമല മറ്റേ അത് മറ്റേത് വക്കീത ഓരോരു സാധനങ്ങൾ മൃദംഗം ചണ്ട വീണ ബേഞ്ച് ഇതെല്ലാം സാധനങ്ങൾ നമ്മൾ ഓഫീസിൽ കണ്ടിട്ടില്ല അപ്പ തുമ്പൂറ് അതിനോട് സാധനം റൂബിനോട് സാദൃശ്യമുള്ള സാധനം എന്നാ പറഞ്ഞത് വക്കീൽ അഹ് അബിന്യസ് ആ സാധനം അത് തന്നെയാണ് പറഞ്ഞവരുണ്ട് പിന്നൊരു മുസ്ലിം റൂന ആരാന്ന് മുറുസാണിൽ മലാമി കല്യാണങ്ങള് പാർട്ടി പരിപാടിയൊക്കെ വരുമ്പോ പാട്ടുകാളാക്കി കുറച്ചാണ് വരിക പാട്ടിന്റെ ഡ്യൂട്ടിക്കാറായിട്ട് കമ്മീഷൻ വാങ്ങിച്ച് പോകണം ഒരു പാട്ടങ്ങിറങ്ങിയ പൈസ കൊടുത്താലേ പാട്ട് നിർത്തും പോലെ അല്ലെങ്കിൽ ഇവിടെ പരിപാടി ഉണ്ട് നിർത്തിക്കിട്ടണെ പൈസ കൊടുത്തിട്ടു അല്ലെങ്കിൽ ഓ ഒച്ചയും പുള്ളിയും വെച്ചിട്ട് പിന്നെ ആളെ ഒന്ന് ചെയ്ത് കാലം മുഴുവൻ ആക്കള അങ്ങ് മണിക്കൂറോളെ ും പോട്ടെ ഏർന്നാലും പോടും കൊടുത്തിട്ടില്ലെങ്കിലും അല്ല മുറി അനിയായിട്ട് തയ്യാറാക്കി നിൽക്കുന്ന ആണ് പാട്ടുകാർ എവിടെ പാട്ടിന്റെ അടുത്തേക്ക് പോകാൻ അയച്ചു പരിപാടി ഉണ്ടാ അവിടുത്തേക്ക് എത്തി ലീവ് കാലായി മൂടാലും പാടാൻ വെച്ചു ഈസ്മിയെന്നാത്ത വന്നിട്ട് ഓർ ഇനെ മൂന്ന് പാട്ടുകൾക്ക് ലഭിക്കും അല്ല അത് ഓർ അനാവശ്യ സംസാരങ്ങളും പാട്ടും ഓരോ ആട്ടവും ചാട്ടവും മുട്ടലും വെയ്യല്ലോ അത് നമുക്ക് വേണ്ട പിന്നെ ഇതുണ്ട് വലൈസൈലം കാനത്തിരി പാർ വനത്തിരി പാറിന്ന് പണ്ട് കൊണ്ടുണ്ട് പാർ എന്ന് പറഞ്ഞാൽ അറിയുന്നതാണ് ചരാച്ചിർ ഈ ചിലമ്പെല്ലാം വെച്ചിട്ട് ഈ ഇങ്ങനെ പറയാൻ ചോദിച്ചിട്ടുണ്ടാവല്ല അത് മിസ്ഹാർ എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി മുതിർന്നതും ഇന്ത്യയിൽ രണ്ട് പള്ളക്കും പോലോസിച്ചിലുള്ള ഈ ആഡക്കാർ അപ്പൊ നമ്മുടെ ബാങ്ക് ജപ്തി എച്ചപ്പള്ളക്കേലുണ്ടാവുള്ളൂ പോലീസ് ചെണ്ടക്കൂട് ചെണ്ടക്കൊമ്പൂ പെട്ടു കൊണ്ടോന്നല്ല അല്ല അല്ല ചെണ്ടക്കുണ്ടോ ഇത് ഇവരുണ്ടല്ലൂറക്കൂസ് അല്ല നാപ്പൂസ് കൊള്ളി ചിലപ്പോ ആ ബാങ്കിന്റെ അരീതിയിലല്ല ഒരാൾ ചെണ്ടം കൊണ്ടുപോയി രണ്ടു വെള്ളക്കും തോലൊട്ടിച്ചിട്ടുണ്ടാക്കുന്ന പ്രാവിനാണ് ഈ സിഹും തിൻകാർഡ് എന്ന് പറഞ്ഞാല ചൂളമ്പടി കൈ ഉണ്ടല്ലോ ഇല്ലാതെ തിങ്കർ നക്കർന്നുണ്ടാക്കല് അതേപോലെ കൈ കൊണ്ടുണ്ടാക്കും ചിലപ്പോ തീപുട്ടിയിലൊക്കെ കാര്യങ്ങനെ വൃത്തിയാക്കുന്നുണ്ട് രണ്ട് സയൽസിന്റെ രണ്ടടുത്താലും മതി ചോദിച്ചാണ് രണ്ടിന്റെ അടുത്തേക്കു നെക്കരൽ ഔത്താറൽ മാഗം അത് ചിലപ്പോൾ ഔത്താറുണ്ട് ഈ നൂല് കെട്ടിട്ട് രീതിയിലും ആക്കാറുണ്ട് പുറമെ ഭാര്യ ഉണ്ടാക്കുന്ന ചൂടം ഇതൊന്നും നമ്മളെ പരിപാടിയിലില്ലാന്ന പറയുന്നു എപ്പോഴും പറയുന്നതിലേക്കാണ് ആ സമാൽക്കാമിൽ അമ്മക്കൂട്ടിറാൻ ഞാൻ പറയപ്പെട്ടെന്തോ മറാത്തിനി തനാതിർ മുസ്ലിമൂന അപ്പൊ അതിന് ഏതെല്ലാം വ്യക്തികള് മറാസി ലൂട് വ്യക്തികളാണ് മുസ്ലിം ലീഗ് വ്യക്തികളാണ് ആലാത്തിന് തുമ്പൂറ് താറ് മിസഹർ തിങ്കാറ് നാല് സാധനങ്ങൾ ഇതൊന്നും ഉണ്ടാവില്ല ആലാത്തിൽ ലഹുവിനാണ് ഇനി ഇതിൽ പറയാത്ത കുറേ കാര്യമുണ്ടെന്ന് അറിയുന്നു എല്ലാ ചെറിയ വരുന്നത് ഇതിൽ പറയാത്ത കുറച്ച് കാര്യമെങ്കിൽ വരും ഹക്കു ബിമാ ദുഃഖിത ഇതിനോട് ചേർക്കപ്പെടും പറഞ്ഞതിനോട് റബാബ് ശബാബത്ത് ബിന്ദിയർ റമാറത്ത് എന്നാലും പറയാം ബാക്കിയുണ്ട് ഇതും മാലാത്തൂൽ അറിയപ്പെട്ടതന്നെ എണ്ണത്തിനോട്ടത്തിലല്ല ഇതൊക്കെ സാധനം ഈ മുൻജി നോക്കി ചിലപ്പോൾ പോട്ടം കാണും റബാബ് എന്നുള്ള സാധനം തോലും ശബാബത്തുണ്ട് ബിന്ദേറുണ്ട് റമാറത്ത് ഉണ്ട് ഇതും അതിന് പറഞ്ഞിട്ടില്ല ഇതും നീക്കൂട്ടതി ചേർക്കപ്പെടുന്നതാണ് അതും ഉണ്ടാവൂല ട്ടായിരുന്നു ധാരിച്ച ഇങ്ങനെ പലതുകൊണ്ട് ലഹുബിൻ പെരുമാറുന്ന താരങ്ങളാൽ സ്വയംവരീരൻ ആവശ്യമാണ് അതിനെ ഒഴിവാക്കൽ അപ്പോൾ ഒരു വാക്കൽ ആവശ്യം എന്ന് പറയുമ്പോൾ ആദിബന്ന ഇതൊക്കെ ഹറാമാണ് കറാഹത്തന്ത എന്താ വിധി? വഹിമാക്ക എന്ന് പറയ് വേറെ പദം ഒന്നිකിൽ ഹറാം ആവണം അല്ലെങ്കിൽ കറാഹത്ത ആവണം അല്ലെങ്കിൽ ഖിലാഫുൽ ഔലിയാ ആവണം. ഒന്നാമത്തെ അതൊന്നും ഒന്നില്ല. വഹാദിഹിൽ മസ്അ മസ്അലത്തുൽ ഖിലാഫിയത്തു ഫുഖഹാഇൻ ദരീബ ഖിലാഫുൽ വസ്ലയാ. അന്നാ ലദാ മഅതമദു സക്കറു റജ്ഹലു വസ്സാലി റളിയല്ലാഹു അൻഹു ബിഹിയാഇലി റാദിഹാകിദൈ ജവാദ സമാദി ഇതൊക്കെ സമാ ജാദ എന്നാണ് അതൊന്നും അർത്ഥം മാറ്റി കൊടുത്തേക്കു എല്ലാം പോയി പോയിപ്പോ എപ്പോൾ മക്കാനി മത് എഹ്നിമാൻ കുറച്ചർത് ആ മക്കാൻ ഹാലി എഹ്മാനി ആ കാലം ആ സന്ദർഭം മുതലാതെ നോക്കണം സമതാ മാസം അടിച്ച് കവാരി ആ സമാന ഒരിക്കൂല അല്ലെ വെള്ളിയാഴ്ച നല്ല വാക്കത്താക്കാട്ടെ തമ്മിലെല്ലാം കൊണ്ടൊക്കെ നോക്കി അപ്പൊ ധമാൻ നോക്കണം അതുപോലെ മക്കാനി പള്ളി സാനങ്ങള് ആ സാഹചര്യം നോക്കണം ഇവിടെ ഒരുമിച്ചുകൂടി ഇഹ്മാലികൾ പെണ്ണുങ്ങൾ മാറുണ്ട് ഇവിടെ പിതിനുണ്ടോ അതെല്ലാം നോക്കണം ഇതെല്ലാം കൂടെ നോക്കി പിടിച്ചിട്ട് ജാഗ്രാഗ്രി വിട്ടു പറഞ്ഞു മനുശാസി തിങ്കളാഴ്ച പരിപാടി എന്താക്കുന്നു والحاصل والحاصل يقول يا ان الذي المحكم الذي غرق في عين بحر الوحدة علمه بردهيده واغركن في عين بحر الوحدة شهودا حتى لا راى ولا اسمع ولا اجد ولا احس به يمها الا بيا نزولا وصعودا ده ورنا اه بحر الوحدة അതെ മുങ്ങി ആളെ സംബന്ധിച്ചിടത്തോളം ഹത്ത് എത്ര വരെ മുങ്ങണം ഹട്ടോ അവ കലാമ് കേൾക്കുന്നത് ആ മാധ്യത്തെ മാധ്യമം അതാണെങ്കിലും ഇപ്പൊ റേഡിയോത്തിൽ കൂടി നമ്മൾ വാർത്ത കേട്ട റേഡിയോ പറയുന്നു അമ്മ ആരും പറയാറില്ലല്ലോ സാധാരണ ഹിസ്മിച്ച് പറയാം പ്രധാന അറിയിപ്പ് എന്ന് റേഡിയോയിൽ കൂടി പറഞ്ഞ റേഡിയോ നമുക്ക് പറഞ്ഞാൽ ആരും പറയാറില്ലല്ലോ പിന്നെ ആരാ കലാം വച്ചാൽ പറയ ശരി ആരാണോ ഈ കലാമ പുറപ്പെടുവിക്കുന്നു വന്റെ വക്കളിൽ നിന്നായിട്ട് അതിൽ റേഡിയോ റേഡിയോ വാസത്തിൽ കൂടി ഒരു മാധ്യമം മാത്രം ഇതുപോലെ ഒരു സമാന്റെ തമ്മാ കേട്ടു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ വക്കലിന്റെ അറിയിപ്പാണ് അതിലുള്ള ഗലാലത്ത് ഞാൻ മനസ്സിലാക്കണം അത്ര വേണ്ട വാസിച്ച മഹമാണം അപ്പഴ് മഹത്തേലുള്ളൂ അങ്ങനെ അമിനല്ല മിനന്നായി അപ്പൊ ഏത് മക്കാൻ പറ്റി മക്കാൻ പറ്റി അങ്ങനെയുള്ള ആളായ ലായുഖ ഒന്നും ഓനെ തറാളാക്കൂലെന്ന് വെച്ചുകൂടാ ബാക്കി എല്ലാത്തിനും ഫിത്തിനുണ്ടാകാം ഓനേത് എന്ത് കാട്ടിൽ പോയി വീണ് ഓൻകൂറാപത്വുണ്ടാവില്ല എന്ത് പാട്ട് കേട്ടു എന്തും ഉണ്ടാകാൻ വേണ്ടി കേട്ടു ലായുഖ ഒന്നും ഇങ്ങോട്ടാൻ കഴിയില്ല എല്ലാത്തിനും അതിൻ്റെതായ രൂപത്തിന്റെ എന്ത് ചപ്പും ചവറായി കഴിഞ്ഞാൽ അതിന് അതിന്റെ ഇസ്റ്റിമാർ വിദ്യ പഠിച്ചിട്ടുണ്ടല്ലോ വിദ്യ പഠിച്ചാലാണല്ലോ ഇപ്പൊ സാങ്കേതിക വിദ്യ പഠിച്ചുകഴിഞ്ഞാൽ ചപ്പും ചവറും ഉപയോഗ ചിന്യമായ മലിന വസ്തുക്കൾ വരെ ഗ്യാസ് ഉണ്ടാക്കാനുള്ള മാറിയില്ലേ എന്ന് പറയാന പഴതാട്ടെ വലിഞ്ഞ വസ്തു വലിഞ്ഞ വസ്തു തള്ളി സാധനം കൊണ്ടെങ്കിൽ അത് എനിക്ക് വെച്ചു നല്ലൊരു വൈദ്യറിവ് എനിക്ക് വിഷം വിഷം ശുദ്ധീകരിക്കാൻ പഠിച്ചിട്ടുണ്ടാവും ആൾക്കാരെ ശുദ്ധീകരിച്ചിട്ട് നല്ല മരണാക്കി തന്നെ ഉപയോഗിച്ചു പൊട്ടിയുടെ ആസെല്ലാം കൊണ്ടപ്പോ പുതിയ വാക്കര കളിക്കും ഇതേമാതിരി ലോകത്തിലാണെന്ന് എന്താ അടക്കാത്ത തക്കനകത്ത് മുഴുവനുണ്ടോ വാഴ്ഭാഗത്തിലാണോ മുങ്ങേനെ എല്ലാം നല്ലതിലേക്ക് തിരിച്ചുവിടാൻ ഒരുപാട് ചുണ്യമായ സാധനം ഉണ്ടാവില്ല ശരിയാ وقد قالوا اذا فبقت عداله المرئي والمرئي لعداله بغوثاي تجنال فليتركوا ما فعلوا اريمه بنت بغوثاي متولى ما تركنا كندا عداله بغوثاي لله وهذه مساله وحاذه مساله الخلافيه اذا خلافيا متني اغنوا اذا ما تركنا لم يردتيها نس من الشاري الشاري اللي وكله من برتي نسونت لا ിൽ നശിയായലുള്ള അസലെന്താണ് നിബാഹത്താണ് വണ്ടിട്ടുണ്ട് എത്ര വരെ കൊണ്ടോ അറാമുകൊണ്ടോ വലക്കം വരാത്ത കാലത്തോളം വരാത്ത കാലത്തോളം അസുലണ്ടായി സമാനെട്ടിട്ടില്ല കൈകാര്യം ചെയ്തുവരെയും സമ അറാമാക്കപ്പെട്ടിട്ടില്ല വാൻ അക്കനുഭവം ഇല്ലാ ലഹനുവിൽ ഓര് അവരുടെ ലഹുവിനേക്ക് നക്കല് ചെയ്തപ്പോൾ അനുഭവമായ സുഹൃദുൽ ഹമുദ് ദിനയുമായി ബന്ധപ്പെടുത്തിയപ്പോൾ അന്നേരമാക്കപ്പെട്ടു പോയതാണ് അടക്കാൻ വേണ്ടി മറ്റൊരാം ബാധിച്ചിരിക്കണ്ടെന്ന് വെച്ചിട്ട് ഇനി വിശാല നൂറോളം പേജ് കഴിയേലുണ്ട് പിതാബു സമാന പ്രത്യേക ഒരു ബാബു തന്നെ يحييلي الى عمال فرنان بابات وقد كان بعض الولماء الهديث حديثنا لما قلبك جدرهم لاير النوم وإننا نتعلم إننا حدثنا الحقل والنبت حديثنا الحقل والنبت حقل اللهم هجراء لا يعلق لهم يستعمل الارب العود نبي يكار لاير النوم الارب العود نبي يكار لاير النوم فعيب عليه أورب الجاشم من النوم ഇയാളെന്താണ് അനു ഹദീസ് മൂപ്പറ അവിടെ നിന്ന് അങ്ങോട്ട് സത്യം ചെയ്തു പോലും ഹദീസിന്റെ ഉള്ളു ലൂത് അടിക്കാത്ത ഹദീത് ഞാൻ പറഞ്ഞു കൊടുക്കൂലൂതടിച്ചെല്ലാം ഉണ്ടാവില്ല അനീത് പറയൂരാണ് സത്യം ചെയ്തു അഹംബറബി സുൽത്താൻ അങ്ങനെ സുൽത്താനോട് ഈ വാർത്ത പറഞ്ഞു ഏതാ സുൽത്താൻ ആറു വസ് പറഞ്ഞിട്ടുണ്ട് ഫാറസിനെ മൂപ്പറ വിളിക്കാനിച്ചു എന്നാ പറയാൻ കഴിഞ്ഞിങ്ങനെ പറഞ്ഞതു വഖാല ലഹു അന്ദതോ ഹാറൂ റസീദ് പറഞ്ഞ ഹദീസിനീ ബി ഹദീസിൽ മഖзуമിയാ അൻ ഹദീസ എന്ന് പറഞ്ഞ ഹദീസൻ തോടു അതായത് കൃത്യമന്ത്രി ഇല്ല ചില ഹദീസ് പേരുകൾ നമ്മന്നെ നമുക്ക് ഇതിലുള്ളണ്ടോ ഹദീസുൽ ഗാറു വറാന നമ്മൾ കൊയി കൊടുക്കുന്ന ഹദീസൻ തരും ചില ഹദീസ് മുറതിട്ടുണ്ട് അല്ല ഹദീസുൽ നിയ്യത്ത് എന്ന് പറഞ്ഞ ഇനുമുൽ ലവ ബിനിയാതൻ തരും ഹം ഹദീസ് തോന്നുന്നു നമ്മളൊക്കെ ഇതിലെ ഹദീസ് എന്ന് പറയുന്നത് മേലെ ഇതിനിൽ ചേര് അസുദമെ അധീസെന്തുകൊണ്ട് അത് നമുക്കറിയില്ല നമുക്ക് അത്രത്തോളം പാടില്ലല്ലോ പറ്റി പക്കാ അപ്പൊ നീ ആ ഹോദാ റോദിനൊക്കെ ഉണ്ടാവുന്ന റോദില്ലാതെ അത് ലഭൂല ഈശോ അറിയില്ലന്നല്ലേ അപ്പൊ രാജാവ് ചോദിക്കുന്ന എന്താണ് റോസിൻ ബുഹോ ബുഹോറാക്കാനുള്ള ഇതാണോ വേണ്ടത് ഭൂമിയാട്ടുറത്ത് വിചാരിച്ച കഴിയാൻ പകാല അല്ല അവിടെ ലോകി ആ തറബിന്റെ ഉണ്ടാകുന്ന പറഞ്ഞു ഞാൻ രാജാവ് എന്നിട്ട് പറയുന്നുള്ളത് ആരാണ് ആരോട് ചോദിക്കുന്നത് രാജാവ് ചോദിക്കുന്നു മുപ്പ് ബോധ്യപ്പെട്ടല്ലോ അരുളവത്തിന്റെ അടീച്ചിൽപ്പെട്ട ആളാണല്ലോ ഈ പണി പറഞ്ഞത് സ്വകാലല്ല പറഞ്ഞു മാൻ തവ തറിഞ്ഞു കൽവിന് സബ് ചെയ്യപ്പെട്ട ആളെ ആറാമാക്കൊള്ളൂ എന്റെ കൽവിനെ തവളൊന്നും വന്നിട്ടില്ല ആലിമോ എന്നിട്ട് ആ ആലിമോ രാജാവിനോട് പറയുന്നു വലക്കഥ അലർപ്പ് വലീമ തമ്മിൽ മദീനെത്തി ഞാൻ മദീന ഒരു വലീമത്തിൽ പങ്കെടുത്തിരുന്നുണ്ട് മുഴുവനുണ്ട് അങ്ങനെ അത്ര തക്കത്തൽ വയ്ച്ച് ലൗമൊക്കെ മുഖന്നിമ്പിൽ മതി അത്ര തക്കത്തൽ വയ്ക്കുന്നു അതിനകുന്ന ശരിയാ ലോകം എന്നാലും ഉണ്ടല്ലോ അപ്പൊ നോക്കുമ്പോ മദീനത്തിൽ എറ്റ മുഖന്നിയും ബാക്കി ഇല്ല പോലും എല്ലാരും അവിടെ മദീനത്ത് മുഖന്യകളായ ആരെല്ലോ എല്ലാരും അടപ്പം കൊടുത്തിട്ടുണ്ട് അച്ഛർ മാനിക്കുപിനെ അത് ചെറുപ്പായം കുറഞ്ഞ ആളായ നമ്മൾ മാനി അനസ്ര മൂക്കം പകർത്തിട്ടുണ്ട് ഓരല്ല നല്ല പാട്ടുപാടി മാനിക്കുപിൻസ്രിസഹരി മൂപ്പറും മിസുഹറും ഉണ്ട് അതാസാലം മിസഹിയെ വിളിച്ചിട്ട് അതും മറ്റോളല്ലീന പറയുന്നു അയ്യാനിമോ സ്വത്തനോട് പറഞ്ഞു കൊടുക്കുന്നത് ഇതൊക്കെ റോബിൻ അറഫി ബാബിൻ ഇക്രാഹിം പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഇക്രാഹിന്റെ ബാബി ഇതൊക്കെ പറ്റോന്നിട്ട് പറയുന്നതിനെ പറ്റിയാണ് പറഞ്ഞത് നക്കൽ സുഹബിൻ മാന റബിൻ അറഫ പറഞ്ഞ നക്കലുണ്ട് എനിക്ക് ഉള്ള ശമ്പളം മുതലായവ ഒരു സത്യം ചെയ്ത മാത്രം കൂടെ സത്യത്തിന്റെ ഒരു ഉപ്പുണ്ടാകാൻ നോക്കാൻ പോകും ാണ് പറ്റി പറയുന്നത് എന്നുവച്ചാ തീരെ ഇല്ല എന്നല്ല അത് ഉണ്ടാക്കാനും പാടുപോലില്ല എന്നല്ലാണ്ട് ഇട്ടത്താണ് പരിപാടി എന്നല്ല വെത്തിരത്തിക്കൂല പുറം നേരത്തെ ഇരിക്കൂണ്ടോ അങ്ങനെയല്ല അറിയുന്നത് അതിന് പ്രത്യേക വിരിപ്പോ പ്രത്യേക വളക്കുകളോ അതിൻ്റെ ഒന്നുമില്ല എവിടെയൊക്കുകൂടി അവിടെ നടത്താം ഞാൻ അന്നവും ഞാൻ ഞെട്ടക്കല്ല പോലെ വിശ്വമായി ഹസൂർ സുമു അൽ മൊക്കദ കത്തിക്കപ്പെടുന്ന ചില പ്രത്യേക വളക്കുകൾ വേണം വൽ ഫോസൽ മുമഹദ വിരിക്കപ്പെട്ട ചില വിരിപ്പുകൾ വേണം والوطاب المزركم الله اذا اذاല്ല चंदलमดิጬ तणकाणीनु वणो अदोनु मोर तक्ल्लुफुंडाकुला ना परु पिनै कोइन्नामाह अझुरू लहु अला आलि फाका वनिदिदा वळे फाका तोड गोडी इदिदा नन्ना वळे एळिये जीवितोड गोणी आलावा हिसार जदीर पो लक्ता वल हाल आ संदर्भत नियोज्य माय जेंदाण ओटोड आयुंडाकाणो वा പ്രത്യേക വിരിക്കലേ അതിൽ വളക്കത്തിക്കലേ പ്രത്യേക പരിപാടികൾ നടത്തിയിട്ടു തക്കല്ലുപ്പുകളൊന്നുമില്ല അതിന്റെ അർത്ഥം അന്നഹ മൊഹം ഇതെല്ലാം മാറാമാണെന്നെല്ലാം പറഞ്ഞ അർത്ഥം വൈന്നമ മുറാദു അന്ന തലക്കൽക്കോമി അൽമ തക്കല്ലുക്കിയും ഇതിന് പാത പടലില്ല അതിനുവേണ്ടി കുറെ ത്യാഗം പഠിക്കുന്നുല്ലെന്നേ ഉള്ളു പൈസ അന്നഹ വൈദ അത് തയ്യാറാക്കപ്പെട്ടതായിട്ടാണോ ഒരു ആരൊത്തുകൂടിയത് എന്നാ പറയും ശനിയ മുന്നോ വേണ്ട വെക്കണ്ടിയെ ഒരാൾക്കേണ്ട ദാറ വിശാലാണ് ജീവിതത്തിന്റെ കുടി കൊടുക്കില്ല ഉള്ള കൊടുക്കുന്നതിന് കൊടുക്കില്ല ഇച്ചിരിക്കുന്നതിന് കൊടുക്കില്ല കിടുന്നതിന് കൊടുക്കില്ല ഏഹ് ഉറപ്പിട്ട് പ്രശ്നവുമില്ല നേരം കൂടുതലുമില്ല എല്ലാം ദായറ വളരെ വിശാലാണ് നല്ല സ്വതന്ത്രം ആരൊക്കെ കൂടി ഉറക്കെല്ലാം കൂടാ പ്രത്യേകില്ല ഇവിടെ മൈക്ക് സെറ്റ് ശരിയില്ലാത്തതോടെ പാട്ട് പറഞ്ഞില്ല അതും വേണ്ട മൈക്ക് സെറ്റ് ശരിയില്ലാത്തതോടെ അത് പറഞ്ഞില്ല അങ്ങനെ പാടില്ല മൈക്ക് പ്രത്യേകിച്ച് എത്തിയാൽ വണിമെച്ച വണ്ടി വെക്കണ്ട വനായം തനി തൊട്ട് ഇൻഷുന ശവര ഹറാമാക്കിയില്ലെങ്കിലല്ലാണ്ട് ആരൊക്കെയും കൂടാ സംഘടന പ്രത്യേകം കൂടെ കൂടാണെടുക്കലൊന്നുമില്ല ഞമ്മളാ പോകുന്ന വെച്ചു നാട്ടിലുടം വിലക്കം മാറുന്ന പത്ത് വർക്കാണ് ആക്കാക്കിനോട് പോകുന്ന വെച്ചു നമ്മളെ പൊട്ടാടും സാധ്യത പറയണമെന്ന് പത്ത് വർക്കും ഞാനൊരു ഹെറാ വല്ലതും കാണുകയാണെങ്കിൽ ഞങ്ങൾക്ക് പറഞ്ഞ് തിരുത്താനും തിരുത്തിയാറുണ്ട് എത്ര സ്റ്റാമ്പ് വലിപ്പത്തിൽ പോട്ടാൻ വന്നപ്പോ അത് എനിക്ക് വേണ്ട പടിയല്ലൊന്നില്ലല്ലോ അവിടെ എടുത്തോണ്ട് വന്നിട്ട് അത് കമൂരോട് കൂടി സ്വീകരിക്കും ഇല്ല മഹാറൊത്ത ശരീരത്തിൽ മൊത്തം ഹറ ശെരിയത്ത് ഹറ മാറ്റി ഒന്നിനെ അല്ലാതെ ഒഴിവാക്കേണ്ടില്ല അതാരും ഇവിടെ മനോഹരിക്കില്ല എങ്ങനെ എങ്ങനെ ഹറമാക്കണം വിനസ് ഒന്നിക്ക് ശരിയായ രസുണ്ട് ഒരാൾ അക്രബ് ഉദ്ദീന അല്ലെങ്കിൽ ഒരാൾഫുതൽ എന്തെങ്കിലോ ലാഭി തകീര അതിൽ ആരും ഉണ്ടാവില്ല فوهي لذي اولا بالذبابو سرائر مرضى يقولون لنا بالله غيري مثلنا كان آدم هذا سر يتنل والله وعاله امم ارتد صلى الله عليه الحمد لله رب العالمين الصلاه والسلام على سيدنا محمد وعلى اله وصحبه اجمعين ثم قال حسنة رضي الله وانه بعين وإنما ذاكال لجتين عظيم وعمروا عبر قلبشو فيه سماعيلي نغلق الباب بعض الاركنم بعض الاركنم بعض الاركنم بعض الاركنم വൈന്ദ അത് ആ വിധില്ലാത്ത ആള് കേറാതിരിക്കാൻ വേണ്ടിട്ടാണ് കണ്ടമാനാള് വാങ്ങി നോക്കി പദത്തിന് വശമുണ്ടാക്കണ്ടായ ആളുകൾ ഒഴിഞ്ഞു വന്നാൻ വേണ്ടിട്ടാണ് മധുരത്തിലെ പരിപാടി ഇപ്പോൾ വന്നത് ആ വൈകാം വൈന്ദി ആസരത്തിൽ അവർ കൽപ്പിച്ചതെങ്കിൽ ടക്കാൻ വേണ്ടി ഘൽപ്പിച്ചത് അവരോടൊപ്പം ഹാജരാവാതിരിക്കാനാണ് അവന്റെ ഹാദിറാവലിനെ അകറ്റീർത്തണം അതോട് മറ്റൊരുത്തപ്പെടുന്ന ആള് ആരാൾ അഹ്ദാസിനാല് റവാമിനാലി നിസാദ് ഗൗരവരാജിക്കാൻ വിളിച്ചാണ് അതിന്റെ വാർത്ത മുമ്പ് പോലോ അങ്ങനെ പലരും വളരെ ആദ്യം പറഞ്ഞുകൊണ്ട് ചിരിക്കുന്ന ആളെ കൂട്ടിക്കൂടാതെല്ലാം മതിയല്ല ആ അതുപോലെ ചേർത്താടാ ഹൊറിനി പറ്റാത്ത ആളുകൾ ആരൊക്കെയുണ്ടോ അവരെല്ലാം ഒഴിവാക്കാൻ മതിയാണ് അല്ല അങ്ങനെ ഒഴിവാക്കണം എന്ന മധുരശക്തമായി തമാന്റെ മധുരത്തി ഇതാക്കാന റബ്ബാനിയൻ അത് റബ്ബാനിയായ തമാ ആണെങ്കിൽ ൂമാക്ക മജുരി മൽമുദാക്കറ ലിറ മുറ മജുരിസെൽ തുല്യമാണ മുമ്പോ അതിട്ടുണ്ട് റബ്ബാനിയല്ല ചൈത്താനിയോ രഫ്താനിയോ ആണെങ്കിൽ അതിന്റെ സാധാരണ പാട്ട് വലിയ പൊട്ടുപെറും പാട്ട് മജുരസിക്കിരിൽമുദാക്കറത്താണെങ്കിലോ അറുവാഹിന്റെ ഭക്ഷണവുമാണ്ക്ക് ഭക്ഷണം കിട്ടുന്ന അവിടുന്നാ വറാ എന്ന് കൊലുവ കൊലക്കുന്ന റബാലം വാങ്ങും റവൻ്റെ മൊഴുകൂടി അതിൽ അങ്ങനെ പറഞ്ഞു നഫ്സ് കൽബ് റൂ ആണ് മുമ്പ് മൂന്ന് മൂന്നും അർത്ഥങ്ങള് പറഞ്ഞത് ലഫ്സിന്റെ അടക്കുമ്പോ കൽബുകളും അർവാനിലേക്ക് ചെറിയ പ്രായമാണ് ആ ചെറിയ പ്രായത്തിന്റെ അകത്തിലാണ് റവ എന്നിട ഉപയോഗിച്ചത് വയ്യാറ്റാത്ത റവായ വിട്ടിട്ട് പിന്നെ കുന്നലാണല്ലോ ആ അർവാനിലേക്ക് ചേർത്തിട്ട് റില അവൻ വലിയ മർത്തബക്കാര ആകുന്ന അർവായിനെ വക്കാമുള്ള ആളുകളുടെ ഇദാവു ആണ് ചെറിയ മർത്തബക്കാരക്കോ അല്ലാഹുവാ അലോഡി പോൽ ഫിയാഫീ അത്തൂർമി ഉമാലഹ ബഅമൻ തുർമിഉ മാഉഹാ മാമൻ അതെ അദിൽപ്പെട്ട വാനി ചില ഖുലൂബ ചില ഖുലൂബകൾ കണ്ടാർക്കോ റബായ ലഖറ അന്ദു അസവതി പംഗടതുകളോ അന്ദനും പറസ്വ കിട്ടുണ്ടോണ്ടോ പറയും അപ്പൊ പരിതാ ഹറ അവിടെ ആദ്രാ തായി മനുഷ്യന്റെ ശ്രദ്ധ മാറ്റി തിരിക്കുന്ന ആളാണെങ്കിലും ഹാളയഹന്നു ഹാദാൻ പണ്ടു അതല്ല ഒരു സാധനത്തിന്റെ ആഴത്തിൽ ഇറങ്ങിയിട്ട് കടക്കലാണെന്ന് കടയിലേക്ക് വെള്ളത്തിന്റെ അടിയിലേക്ക് ഇറങ്ങിയിട്ട് വെള്ളം കറങ്ങലാണ് ഹാളാന്ന് പണ്ട് രസംബന്ധിച്ചത് അപ്പൊ ഹാളയ ഹൂന്നു ആകുമ്പോ മുട്ടാർജിയുണ്ടായി ഹവിയായി തഹ്മയിൽ ഗതിൽ പങ്കെടുത്തിട്ട് അവിടെ കണക്കുണ്ടാക്കുന്ന ആളുകൾക്ക് ആ പങ്കെടുത്തു കഴിഞ്ഞാൽ റൊമാറ്റും അവന്റെ മക്കൽ നിന്ന് റൊമാഅറ്റ് കളിയും അതിൽ ഉച്ചിലെ കൽബുകൾ പിടിച്ചെടുത്താളി ആ ബുദ്ധിമുട്ട് തന്നെ ആ തഹ്വീന്നെ പിടിച്ചെടുത്താണി മാത്രമല്ല ഉപമായ എത്തി ജമാറ്റിന്റെ മൊത്തത്തിൽ ജമാഅറ്റിലേക്ക് തന്നെ അതിന്റെ ആസാർ നടന്നു കഴിയും മണി ഓന് മാത്രൂല അതിനകത്ത് ഉണ്ടായി പുനാ ചിരിക്കാൻ ഉറപ്പെന്താക്കും സഹരാൾ ചിരിച്ചോളി ആയിരിക്കും എല്ലാവരും ചിരിച്ചോളിതോന് അനാവത്തരൽ വജുതി വനഅന ഹുംറ വജുതിന്റെയോ ഹുംറത്തിന്റെയോ ലതത്തും അനാപത്തും അവർക്ക് എത്തിക്കാതെ പോയി കളിയും ഇതാണ് എന്റെ കാരണം വനിതാനികളൽ ജുനൈദ് റവിയന്മാർ എന്ന് പറഞ്ഞ അൽ മുവാക്കലത്ത് റബാറ്റൊന്നും അത് മുമ്പ് ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കൽ നിന്നത് റളായ ബന്ധം പോലത്തെ ഒരു ബന്ധമാണെന്ന് പറഞ്ഞല്ല ഒരു ഉമ്മാനം മല ഉണ്ടാക്കി വേറെ ആരാളും കൂടെ കുടിച്ചാൽ ഓരോ മരപൂടി സഹോദരം ഒരു സുപ്ര